സിദ്ധ സി സദാശ്വ യോഗിഭൂമാസുഖം മാഖമസ്തിൂമേവ സുഖം ഭൂമാവ വിജിജ്ഞാസി ഭൂമാനം ഭഗവോ വിജി ജിജിതി പശ്യത്തിയണോതി നാണതി സൂമാ അഥയ പശ്യത്തിന് ശൃണോതി അനത് വിജതി തദ്ൽപം യോഗൂമ തദ്മൃതം അത് യദം തദ്തായി ഹരിപരിയാത്രുഖം താധിശയോർപ്പം തന്നെ സുഖം നൽകിയേക്ഷ ദുഃഖീജം ുഖബീം സുഖം ദുഷ്ടം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് എന്നാലതിന് ആവശ്യപ്പെടുന്നത് സുഖസ്യപാരം താരേതു ദുഃഖത്തിന്റെ മറകര െത്തണം അപ്പൊ ദുഃഖം ഇല്ലാതാകുക എന്ന് വെച്ചാൽ സുഖം വേണം നാല് ദിനം ആഗ്രഹിക്കുന്ന സുഖമാണ് അതാണ് ഇവിടെ അവസന സുഖത്തിലെത്തിയത് എന്ന് പറഞ്ഞു യഥാവി സുഖം ലഭ്യത്തി അത് കരോതി ഇന്ന് സുഖത്തെക്കുറിച്ച് പറഞ്ഞു കാരണം ദുഃഖം നിവർത്തിക്ക് എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന സുഖമാണ് ദുഃഖം വേണ്ട എന്നൊരാൾ പറയുമ്പോൾ സുഖത്തെ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണോ ദുഃഖം വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു സുഖം വിജിജ്ഞാസുഖം എന്താണെന്ന് അറിയണം അതിന് സമാനം പറഞ്ഞത് യോവൈ ഭൂമുഖം പറയുന്നു ഏതാണോ ഭൂമാവ് അതാണ് മഹത്തായിരിക്കുന്നത് ദശയമായിരിക്കുന്നത് അതാണ് സുഖം തത്വം അർവാ സാധിച്ചിട്ടുള്ളത് അല്പം പക്ഷെ സുഖത്തെ അങ്ങനെയല്ല അറിയുന്നത് എല്ലാവരും സുഖത്തെ അറിയുന്നുണ്ട് അല്പസുഖമാണ് അത് ഏറ്റക്കുറിച്ചിലുള്ള സുഖമാണ് സാറിന് ദുഃഖം മാറണം സുഖം നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാദിശയമായ സുഖമാണ് എനിക്ക് ഏറ്റക്കുറച്ചുള്ള സുഖമാണ് ആ സുഖത്തെ നമുക്ക് പറയാം വലിയ സുഖം ചെറിയ സുഖം പക്ഷെ അതിനിടെ പറയുന്നത് എന്താണ് അത് അല്പമാണ് കസ്മിൻ ആൽപയസുഖം നാസ്തി അത് ശരിക്കും സുഖമല്ലെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞാൽ അല്പസ്യ അധിക തൃഷ്ണ ഹേതുത്വ അങ്ങനെയൊരു സുഖം വീണ്ടും വലിയ സുഖത്തെ സുഖം അനുഭവത്തിന് വിഷയമാകുമ്പോൾ അസുഖത്തെ അനുഭവിക്കുമ്പോൾ വീണ്ടും ആശ വരും ഇനിയും വേണം സുഖം അസുഖത്തെ പ്രാപിക്കുന്ന യത്നങ്ങളും മറ്റും എന്താണ് ദുഃഖബീജം ദുഃഖത്തിന് ഹേതുവായിത്തീരും തൃഷ്ണ അതുകൊണ്ട് ഇവിടെ പറയുന്ന സുഖം എന്ന് പറയുന്ന അല്പസുഖമല്ല മറിച്ച് എന്താണ് പറയുന്ന ഇവിടെ സുഖം എന്ന് പറയുന്ന ഭൂമയവ ആത്മാവ് തന്നെയാണ് ഇവിടുത്തെ സുഖം ആത്മാവിന്റെ സുഖമല്ല ആത്മാവെന്ന് അതിലിരിക്കുന്ന വേറൊരു സുഖം അങ്ങനെ രണ്ടില്ല അശോകസ്യ പാരം ധാരയു ദുഃഖത്തിന്റെ മൃഗരേഖൻ എന്നു ഒരു വലിയ സുഖത്തെ പ്രാപിക്കുകയല്ല ഒരു സുഖത്തെ നേടിയെടുക്കുക എന്നുകൊണ്ട് പറഞ്ഞു സുഖം ആത്മാവ് തന്നെയാണ് സുഖം എന്തുകൊണ്ട് കൃഷ്ണാദി ദുഃഖ ബീജത്വ അസംഭവ ഭൂമ അവിടെ ആ ഭൂമാവിൻ ആത്മാവിൻ ദുഃഖഹേതുക്കളൊന്നുമില്ല അവിടെ അതിനിപ്പുറം അനുഭവിക്കുന്ന സുഖത്തിൽ നിന്ന് ദുഃഖഹേതുണ്ട് ആ സുഖം നഷ്ടപ്പെടാം അതിനും വലിയ ദുഃഖത്തെ ആഗ്രഹിക്കും അങ്ങനെ തുടർന്ന് സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവപ്പെടും സുഖദുഃഖങ്ങൾ മാറി മാറി അനുഭവപ്പെടുന്നതെല്ലാം മനസ്സിൻ്റെ നില അത് എത്ര വിശേഷപ്പെട്ട സുഖമായാലും ശരി എത്ര വലിയ സുഖമായാലും ശരി മനസ്സനുഭവിക്കുന്നു അത് മനസ്സിൻ്റെ തന്നെയാണ് ഭൂമാവിനെ മനസ്സിനെ അനുഭവിക്കുക ഒക്കത്തുണ്ട് കാരണം ഏതോ വായിച്ചോ എന്ന് ഇവിടെ തന്തേ പറയും മനസ്സവിടെ എത്തുന്നില്ല യഥാർത്ഥത്തിൽ മനസ്സെങ്ങനെ അനുഭവിക്കുന്നു പക്ഷെ മനസ്സനുഭവിക്കുന്ന സുഖ താരതമ്യം നമ്മൾ ചർച്ച ചെയ്ത താരതമ്യം എന്നുള്ളത് സാദേശീയ സുഖം വലിയ സുഖമായാലും ശരി കൽപ്പാന്തം വരെ ഒരു സുഖത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമില്ലാത്ത ദുഃഖം മിശ്രമല്ലാത്ത ഒരു സുഖത്തെ ഒരു കൽപ്പാന്തം വരെ ഒരാൾ അനുഭവിച്ചിരിക്കുകയാണ് അത് ലൗകികപ്രജ്ഞ കൊണ്ട് സാധ്യമല്ല വിശിഷ്ടമായ സമാധി പ്രജ്ഞ എന്താലും അത് നഷ്ടപ്പെടുമെങ്കിൽ എന്നെങ്കിലും അതിൽ അനുഭവം ഇല്ലാതെ വരികയാണെങ്കിൽ അത് സാധിച്ചു ഭൂമാവല്ല നിരതിശയമുണ്ട് ഇവിടെ പറയുന്നത് നിരതിശയമായ സുഖമാണ് ഭൂമ അപ്പൊ ശോകത്തിന്റെ പാലം ദുഃഖ സമുദ്രത്തിന്റെ മൃഗരാന്ന് പറയുമ്പോഴാണ് ഈ സുഖം അതും ദുഃഖം സർവമേവ ദുഃഖം വിവേകിനഹ വിവേകികളെ സംബന്ധിച്ച് ഈ സുഖമെല്ലാം ദുഃഖം വിവേകം കൊണ്ട് തിരിച്ചറിയുന്നവൻ അങ്ങനെ ഒരു സുഖത്തെ പ്രാപിക്കാൻ വേണ്ടിയറിയില്ല അത് ക്ലേശമാണെങ്കിലൊരു സുഖത്തെ പ്രാപിക്കാൻ ശ്രമിച്ചു വളരെ ക്ലേശിച്ച് വളരെ വലിയൊരു സുഖത്ത് പ്രാപിച്ചാലോ നഷ്ടപ്പെട്ടു അസമാധി സുഖമായാലും ശരി നഷ്ടപ്പെട്ടു സമാധിയിൽ നിന്ന് ഉണരുമ്പോൾ അസുഖം പോയി പോയി പിന്നെ ഉണരുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അല്ല സമാധിന്ന് ഉണർന്നാലും ആ സുഖം വീണ്ടും ഇരിക്കും എന്ന് പറയും അങ്ങനെ പിന്നെ സമാധി ആഗ്രഹിക്കുന്നു പിന്നെന്തിനു സമാധി ആഗ്രഹിക്കുന്നു അപ്പോ സമാധിയിൽ നിന്ന് ഉണർന്നാൽ കിട്ടുന്ന പൂർണമല്ല അതുകൊണ്ടാണ് സമാധി നിന്ന് എന്ന് പറഞ്ഞാൽ വിധാന ചിത്തവിക്ഷേപം വരുന്നു വ്യവഹാരം വരുന്നു മനസ്സിന് ദൈതം നാനാത്വമെല്ലാം വരുന്നു അപ്പോൾ അത് വേണ്ട എന്ന് ആഗ്രഹിച്ച് വീണ്ടും സമാധിയിൽ അനുഭവിച്ച സുഖത്തെ പ്രാപിക്കാൻ എനിക്ക് വീണ്ടുവാസ സുഖത്തിലേക്ക് പോകും പക്ഷെ നിന്ന് വീണ്ടും വിത്താനം സംഭവിക്കും വീണ്ടും അത് നഷ്ടപ്പെടും പൂർണമായും നഷ്ടപ്പെടില്ല കുറെ എല്ലാം കാണുന്ന സമാധി പോയിട്ട് വന്നാൽ അങ്ങനെയൊക്കെ സാധാരണ പറയും മറ്റുള്ളവരെ പോലെയല്ല അത് ഉറങ്ങിട്ട് വരുന്നത് പോലെയല്ല അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് സുഖം കാണുന്നു സാധിച്ചുമായി അതിലൂടെ തത്വർവാ സാധിച്ചു അല്പം അങ്ങനെ പറയുകയാണ് എപ്പോഴെങ്കിലും ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഈ അനുഭവിക്കുന്നതിലും വലിയൊരു സുഖമുണ്ട് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിരുന്നത് ഇതിലും വലിയൊരു സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താരതമ്യം ചെയ്യുന്നു ഇതൊക്കെ സാധിച്ച സുഖമാണ് അത് ലൗകികമായ സുഖത്തെക്കാൾ വളരെ ശ്രേഷ്ഠമാണ് യത്നസാധ്യമാണ് വളരെ പ്രയത്ന കാര്യമാണ് അത് സർവസാധാരണമല്ല അപൂർവം ജീവന്മാർക്ക് അത് പ്രാപിക്കാൻ കഴിയുമോ അതൊക്കെ ശരിയാണ് പുണ്യഫലമാണ് അത് ശരിയാണ് അതിൻ്റെ മഹത്വത്തിൽ ഒട്ടും കുറവില്ല അത് മഹത്വമുള്ളത് നിസ്സാരമായ കാര്യമല്ല പക്ഷെ പറയുന്നത് സാധിശയമാണ് ഇവിടെ പറയുന്നത് സുഖം അങ്ങനെയുള്ള സുഖത്തെ അല്ല പറയുന്നത് പിന്നെന്താണ് അസുഖത്തെ കുറിച്ച് പറയുന്നത് അതാണ് അടുത്ത് പറയുന്നത് ലക്ഷണോ അസുഖൂമ ഈ പറയുന്ന സുഖം എന്താ അതിന്റെ ലക്ഷണം എത്ര നാണ്യ പശ്യതി എത്ര യസ്മിൻ ഭൂമി തത്വ നാണ്യദൃ മന്യാന്ഭക്തോ യസ്മിൻ ഭൂമി എതിർഭൂമാവാണോ ഇവിടെ പറയുന്നത് നാരദിനോട് പറയുന്ന ഈ ദുഃഖത്തിനപ്പുറമുള്ള ഭൂമാവ് സുഖതാരതമ്യത്തിനപ്പുറമുള്ള ഭൂമാവ് ഇത് പരമാത്മാവാണ് ഇവിടെ ബുമാവെന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ തത്വനാന്യദൃവ്യം അന്യന കർണയന ദൃഷ്ടാനം അവിടെ ദൃഷ്ടവ്യമായിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ അവിടെ പറയും ദർശന ശിരുണിയൂർ കിരണി അനീഷാൻ അവിടെ കാണാനായിട്ടൊന്നുമില്ല കേൾക്കാനൊന്നുമില്ല ചുരുക്കത്തിൽ പറയും അവിടെ അനുഭവിക്കാനൊന്നുമില്ല ഞാൻ അനുഭവിക്കാൻ എടുത്താണ് സമാധി എന്ന് പറയുന്നു അനുഭവമാണ് ഒരാൾ പറയുന്നു സമാധി അനുഭവം ഉണ്ടായി വേറെ ഉണ്ടായില്ല ഇതല്ല ഇവിടെ പറയുന്നു നന്യദിഷ്ടവ്യം അവിടെ ദുഷ്ടവിയുമായിട്ടൊന്നുമില്ല അവിടെ സാക്ഷാത്കരിക്കേണ്ടതായിട്ടൊന്നുമില്ല അത് വേണമെങ്കിൽ എന്ത് വേണം അന്യേന കർണേന ദുഷ്ട അന്യോ വിഭക്തോ ദൃശ്യ പശ്യതി അങ്ങനെ വേണ്ടി വന്നാൽ എന്ത് വേണം കാണുന്ന ഒരുവൻ വേണം സുഖത്തെ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിക്കുന്ന ഒരാൾ വേണം അനുഭവവിഷയമായ സുഖവും വേണം നാരദൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെപ്പോലെയാണ് ഇപ്പൊ സുഖമുണ്ട് ദുഃഖമുണ്ട് ഈ ദുഃഖങ്ങളെല്ലാം മാറി ഒരു വലിയ സുഖത്തെ അനുഭവിക്കും സദാ അങ്ങനെ ഒരു ആനന്ദത്തിയിരിക്കുന്നു അസംഭവമായ കാര്യമല്ല പക്ഷെ ഇവിടെ പറയുന്ന അതല്ല അങ്ങനൊരു നീണ്ടാനന്ദത്തെയല്ല പറയുന്നത് വിട്ടുപോകാത്ത ഒരു ആനന്ദം അതല്ല അങ്ങനെ ഒരു ആനന്ദ അനുഭവിക്കണമെങ്കിൽ ദൃഷ്ട അത് അനുഭവിക്കുന്ന ഒരാൾ വേണം വിഭക്ത ദൃശ്യ എന്താണ് ആനന്ദ ഇവിടെ ആനന്ദത്തെ കുറിച്ച് അസുഖത്തെ കുറിച്ചാണ് പറയുന്നത് അസുഖത്തിൽ നിന്ന് വേറിട്ട് അസുഖത്തെ അനുഭവിക്കുന്ന ഒരാൾ വേണം ദൃഷ്ടാന്യോ വിഭക്തോ ദൃശ്യാ പശ്യതി അങ്ങനെ കാണുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും ഒന്നിനെ കാണുന്നു അറിയുന്നു അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും ഇവിടെ പറയുന്ന സുഖം അങ്ങനെയുള്ള ഒന്നല്ല അങ്ങനെ ഒന്നല്ല എത്ര നശിരി അവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല പ്രധാന അന്യശ്രമോദി കേൾക്കൊന്നുമില്ല ദർശന ശ്രവണാതി ഇതെല്ലാം അനുഭവമാണ് കാണുന്നൊരു അനുഭവം കേൾക്കുന്നൊരനുഭവം ഇതാണ് മനസ്സിൻ്റെ പ്രവൃത്തികളാണല്ലോ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടും പുറമേ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സഹായം വേണം ഉള്ളിലാണെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സഹായം വേണ്ട ഉള്ളിൽ സുഖം വരുന്നു ദുഃഖം വരുന്നു കാമം വരുന്നു ക്രോധം വരുന്നു ഇന്ദ്രിയങ്ങളുടെ സഹായം വേണ്ട മനസ് തന്നെ അനുഭവിച്ചോളൂ ഇവിടെ പക്ഷെ അവിടെ കാണുന്നവനും അനുഭവിക്കുന്നവനും വേണം അങ്ങനെയുള്ള ഒന്നിനെ കുറിച്ചല്ല സുഖത്തെക്കുറിച്ചുള്ളത് പറയുന്നു പക്ഷെ പ്രതീക്ഷിക്കുന്നതാണ് ഒരു വലിയ സുഖം സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നതും എല്ലാം ആത്യന്തികമായി അങ്ങനെ ഒരു സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം മറക്കണം ലോകത്തെ മറക്കണം പ്രപഞ്ചത്തെ മറക്കണം ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ ഇവിടെ പറയുന്നു അതല്ല ഇതൊക്കെ സാതിശയമായ കാര്യം ജ്യഹാരതരത്തിലുള്ള കാര്യങ്ങൾ നാമരൂപയോരേവ അന്തർഭവാ വിഷയഭേദസ്യ തദ്കോരേവ ഇഹ ദർശനശ്രവണയോർ ഗ്രഹണ അന്വേഷാനിച്ച ഉപലക്ഷണാർത്ഥത്വേന അനുഭവിക്കുന്നതൊന്നും അത് എത്ര വലുതായിക്കൊള്ളൂ ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സമാധിയിലോ എവിടെയെങ്കിലും പറയുന്ന അനുഭവത്തെ കുറിച്ചാണെങ്കിൽ അത് വിഷയമാണ് എന്റ വിഷയം മനസ്സിന്റെ വിഷയം അല്ലെങ്കിൽ അനുഭവിക്കുന്നതിന്റെ വിഷയം ഒരാൾ പറയുന്നു ആ ഒരു അനുഭവത്തിൽ അനുഭവിക്കുന്നതിനുമില്ല അനുഭവിക്കുന്നവനുണ്ടെങ്കിൽ പിന്നെ അനുഭവം ഇല്ല അനുഭവം അനുഭവിക്കുന്നതിനെ ആശ്രയിച്ചുണ്ടാവും അല്ലെങ്കിൽ പിന്നെ അനുഭവം എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണോ സ്വസ്വരൂപം തന്നെ ഉദാഹരണം സുഷുപ്തി സമാധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടി കിട്ടത്തില്ല സുഷുപ്തി പറഞ്ഞാൽ എല്ലാവർക്കും പിടി കിട്ടും അവിടെ എന്താ വിഷയം ഒരു വിഷയം ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് ഒന്നും അറിഞ്ഞില്ല അറിയാൻ എന്തെങ്കിലും വേണ്ടേ അറിയാനൊന്നുമില്ലെങ്കിൽ അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റും അറിയുന്നിടത്തെ വിഷയമുള്ളൂ അറിഞ്ഞില്ലെങ്കിൽ വിഷയമില്ല നശ്യതി ഒന്നും അത് ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കും അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ നന്യസ് നോതി എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ഒരു തരത്തിലുള്ള അനുഭവത്തെയും യ്യ പറയുന്നല്ല ഞാനവിടെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ശരി അതറിയുമ്പോ പറയാൻ കഴിയും അറിഞ്ഞു അപ്പൊ പറയാൻ കഴിയുന്നില്ലല്ലോ അതെല്ലാം ജാഗ്രതയിലുള്ളൂ അവിടെ വ്യവഹാര ശൂന്യമാ അത് വ്യവഹാര ശൂന്യതയെന്ന് പറയുന്നു അറിയുന്നില്ല എന്ന് പറയുന്നു വ്യവഹാരം വന്നു അത് ജാഗ്രതായി അല്ലെങ്കിൽ സ്വപ്നമായി അല്ലെങ്കിൽ ജാഗ്രത സ്വപ്നങ്ങളിലെ എന്തെങ്കിലും അവസ്ഥാന്തരമാണ് എന്തൊക്കെ അനുഭവമുണ്ടോ അതെല്ലാം നാമരൂപയോരെയോ അന്തർഭവ വിഷയഭേദിച്ച അതെല്ലാം വിഷയമാണ് അത് നാമരൂപങ്ങളിൽ അന്തർഭവിക്കുന്നു അങ്ങനെന്തെങ്കിലും ഒരു നാമൂരൂപവും കാണും അവിടെ കാണണം പിന്നീട് പറഞ്ഞാൽ പോരാ അനുഭവിക്കുന്നിടത്ത് കാണും ഇങ്ങനെ ഒരു അനുഭവം അവിടെ വരണം എന്നെ വരില്ല ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ കാരണം അറിവ് പ്രവർത്തിക്കാത്തവരുടെ കുറിച്ച് അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റും ചില പറയുന്ന അറിവില്ലായ്മ അറിഞ്ഞില്ലേ അറിവില്ലായ്മ അറിയണമെങ്കിൽ അറിവ് വേണം അത് ജാഗ്രതയിലേ പറ്റും എന്തിനെ അറിയണമെങ്കിലും അവിടെ അറിവ് വേണം സുഖത്തെ അറിയണമെങ്കിൽ അറിവ് വേണം ദുഃഖത്തെ അറിയണമെങ്കിൽ അറിയണ അറിവിനെ അറിയണമെങ്കിൽ അറിവ് വേണം അറിവില്ലായ്മ അറിയണമെങ്കിലും അറിവ് വേണം അറിവില്ലായ്മ അറിയുന്നത് ജാഗ്രതയിലാണ് സുഹൃത്തിയിലല്ല സുഹൃത്തിയെ കുറിച്ചുള്ള ജാഗ്രതയിലെ പരാമർശമാണ് സുഹൃത്തിയിലെ അത്തരം പരാമർശങ്ങളില്ല അതുകൊണ്ട് പറയുന്നു സർവ്വ അനുഭവങ്ങളെ അവിടെ നിഷേധിക്കുന്നു ഇവിടെ യാതൊരു അനുഭവമില്ല സർവ്വ അനുഭവങ്ങളെ അത് ജാഗ്രത ഉപയോഗിക്കുന്നു വ്യവഹാരമില്ല അങ്ങനെ എന്തിനെങ്കിലും നിഷേധിച്ചാൽ അവിടെ നാമരൂപങ്ങൾ വരും സർവ അറിവിലെയും നിഷേധിക്കുന്നു അറിവില്ലായ്മ അത് നാമരൂപത്തിൽപ്പെടുന്ന കാര്യമാണ് അറിവില്ലായ്മ അത്തരം ഒരു വ്യവഹാരം ജാഗ്രതരേ സാധ്യമാകും സമാധിയിൽ പറയുന്നങ്ങനെയല്ല അവിടെ സുഖത്തെ അനുഭവിക്കുന്നു തീർച്ചയായിട്ടും സുഖത്തെ സമാധി അനുഭവിക്കുന്നുണ്ട് അവിടെ ഒന്നും അറിയുന്നില്ലെന്നല്ല പറയുന്നു അറിയുന്നു തന്നെയാണ് ജാഗ്രത്തിൽ എങ്ങനെയാണോ സ്വപ്നത്തിൽ ഭയകമ്പാദികളുണ്ടായ ജാഗ്രത അനുവൃത്തി സംഭവിക്കുന്നു സ്വപ്നം വേറെ ജാഗ്രത വേറെ എന്നാലും സ്വപ്നത്തിൽ പുലിയെക്കൊണ്ട് ഭയന്നാ ജാഗ്രതലും മനസ്സിലാ കമ്പനം വരെ സ്വപ്നത്തെ പോലും ഓർത്ത് ഭയക്കും അങ്ങനെ ഒരു സ്വപ്നം ഇനി വരരുത് സ്വപ്നത്തെ ഭയക്കും സ്വപ്നത്തിന് അനിഷ്ടത്തെ കണ്ടു കഴിഞ്ഞാൽ അനിഷ്ട സ്വപ്നത്തെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടതിൻ്റെ ഒരു ആവർത്തി ജാഗ്രതയിലേക്കുണ്ട് അതുപോലെ സമാധി ഇങ്ങനൊരാൾ സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനുവൃത്തി വരും ജാഗ്രത്തിലേക്ക് വന്നിട്ട് പറയാം അവിടെ അസുഖമായിരുന്നു അതുണ്ടാവും അതാണ് സമാധി സുഷൃക്തി തമ്മിലുള്ള വ്യത്യാസം സുഷൃതിയുടെ അനുവൃത്തിൽ അല്ല സമാധിയുടെ അനുവർത്തി ജാഗ്രത്തിൽ വരും സമാധിയിലെ അനുഭവമുള്ളതുകൊണ്ടാണ് അനുവർത്തിക്കുന്നത് സ്വപ്നത്തിൽ പുലിയും കടിയും ഒക്കെ കൊണ്ട് ഭയം വന്നതുകൊണ്ടാണ് ജാഗ്രത്തിൽ മനസ്സിൽ ഒരു കമ്പനം ഒരു ഭയം ശരീരത്തിനൊരു വേറെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അനുഭവം അതോ അതിൻ്റെ തീഷ്ണതയിലല്ലെങ്കിലും അതിന്റെ ഒരു ലേശം അനുഭവത്തിൽ ജാഗ്രതയിലെ സമാധി സുഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ ജാഗ്രതാവസ്ഥയിൽ നിന്ന് മറ്റേതെങ്കിലും അവസ്ഥാന്തരത്തിലേക്ക് പോയി എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ ജാഗ്രതയിൽ അത് അനുവർത്തിക്കും ആ സമാധി നല്ല സുഖമായിരുന്നു പലരും പറയും ഈ ജാഗ്രത സുഹൃത്തൊക്കെ ആണെങ്കിൽ എത്രയോ വലിയ സുഖമായിരുന്നു പരമാനന്ദമായിരുന്നു നടന്നിട്ട് ജാഗ്രതയിലിരുന്നു കൊണ്ട് പറയും അതുകൊണ്ട് ആ സമാധി പ്രാപിക്കണമെന്നുള്ള വഴി ഇതാണ് എന്ന് ഉപദേശിക്കും ആൾക്കാരെ അതനുഷ്ഠിക്കുന്നു അവരെ പ്രാപിക്കും പക്ഷെ സുഹൃത്തിയുടെ അനുവർത്തിയില്ല കാരണം സുഹൃത്തിയിൽ എന്താണ് ഒന്നും പറഞ്ഞില്ല എന്നാണ് ജാഗ്രതയിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല ജാഗ്രത എന്ന് പറഞ്ഞാൽ അറിയുകയാണ് എല്ലാത്തിനെയും അറിയുന്നു എന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നിനെ അറിയാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ജാഗ്രതയിൽ പറയാൻ കഴിയില്ല ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥയിൽ ഒന്നും പറയാൻ കഴിയില്ല പറയുന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടോ എന്നാണ് സു ജാഗ്രതത്തിലേക്ക് വരുന്നുണ്ട് സമാധിയുടെ ജാഗ്രത്തിലേക്ക് വരുന്നു സ്വപ്നത്തിലെ ജാഗ്രതത്തിലേക്ക് വരുന്നു എന്തുകൊണ്ടവിടെ എത്ര നാന്യ പശ്യതി നാന്യ ശരണോതി അവിടെ അറിയാനായിട്ടൊന്നുമില്ല അതാണ് അതുപോലെയാണ് ഇവിടെ ഭൂമാവിനെ കുറിച്ചും പറയുന്നത് എന്തൊക്കെ അനുഭവങ്ങളുണ്ടോ നാം ഒരു അതെല്ലാം നാമരൂപങ്ങളിൽ അന്തർഭവിക്കുന്നു സ്വപ്നം നാമരൂപങ്ങളുണ്ട് സമാധി നാമരൂപങ്ങളുണ്ട് അവിടെ സുഖമാണ് നാമം എല്ലാം ഉണ്ട് അന്തർഭവ വിഷയഭേദസ്യോ അതെല്ലാം വിഷയത്തിൽ പെടുന്നു തദ്ഗ്രാഹകരൈവയ ദർശന ശ്രവണയോ അന്വേഷഞ്ചുലാ ദർശനശ്രവയത്തെ ഗ്രഹിക്കുന്നതാണ് ഈ ദർശനശ്രവണങ്ങൾ ഇവിടെ ഒരു വിഷയമുണ്ട് ദർശനശ്രവണമെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന അനുഭവം അതിന് അടുത്ത് പറയുന്നു അന്വേഷണ അഞ്ചു ഉപലക്ഷണം അടുത്തു അനുഭവം നടത്താം ഈ സ്പർശനം ദർശനം അങ്ങനെ പറയേണ്ട കാര്യമുണ്ട് മനനം മന്തവ്യം അങ്ങനെ പറയേണ്ട അനുഭവം നടത്താം അനുഭവങ്ങൾ അത് അവിടെ ഗ്രാഹകനും ഗ്രാഹ്യമുണ്ട് ഭേദമുണ്ട് അനുഭവിക്കുന്നതല്ല സംശയമാണ് അപ്പോൾ വളരെ പരിശ്രമിച്ച് നേടിയെടുക്കുന്ന സമാധി പോലെയുള്ള വിശിഷ്ടമായ അവസ്ഥകളെ നിസ്സാരവത്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇവിടെ അതിനെ കുറിച്ചുള്ള തത്വനിർണ്ണയം എന്താണെന്ന് പറയുക ഓരോ അവസ്ഥക്കും അതിൻ്റെതായ മഹത്വമുണ്ട് അതെല്ലാം അതി ദുർലഭമായ അവസ്ഥകളാണ് അതിലൊന്നും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അതില് സുഖം അദ്വൈതത്തിന്റെ ദൃഷ്ടിയിൽ സുഖം എന്താണെന്ന് പറയുക ഉപനിഷത്ത് സുഖത്തെ എങ്ങനെ നിർവചിക്കുന്നു അത് പറയുകയാണ് മറ്റേതെങ്കിലും മോശമാണെന്ന് പറയാൻ വേണ്ടിട്ടില്ല സംസാരമെന്ന് പറയാൻ വേണ്ടിട്ടില്ല അവിടെ ദർശനങ്ങളില്ല ഇന്ദിരം വ്യാപാരമില്ല മനസിന്റെ വ്യാപാരമില്ല അത് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ മനനം പ്രഭുത്വം ദുഷ്ടമ്യം മനത്തെ ഇതി ഇവിടെയും അത് മനസ്സിലാക്കി കൊള്ളു ഇവിടെ നാന്യ ശ്രീനോതി എന്ന് പറഞ്ഞു ഈ കാണുകൾക്ക് എല്ലാം ബാഹീന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് എന്ന് ചെയ്തത് മനസ്സിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മള് പറഞ്ഞു മനസ്സുകൊണ്ടു അറിയുന്നു എല്ലാ സമാധിത്തും മനസ്സിന്റെ അനുഭവങ്ങളാണ് അവിടെ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷകാലം പറയുന്നു മനന്ത അത്ര ഉത്തം ദിവസം ഇതവിടെ പറഞ്ഞതായി കണക്കാക്കിക്കോളൂ മനസ്സില്ലാതെ ഇന്ദ്രിയങ്ങള് പ്രവർത്തിക്കുക ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം അവിടെ മനസ്സുണ്ട് ആ മനസ്സിന് ഇന്ദ്രിയങ്ങളുടെ സഹായം ഇല്ലാതെ പ്രവർത്തിക്കുക പക്ഷെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുമ്പോ മനസ്സിന് എടുത്തോളും മനസ്സുകൊണ്ട് അറിയുന്നതിനെല്ലാം എടുത്തോളും സമാധി സുഖത്തെ എന്തുകൊണ്ടറിഞ്ഞു തോന്നുന്നു ആരറിഞ്ഞു മനസ്സുണ്ടെങ്കിലേ പറ്റൂ മനസ്സ് ലയിച്ചുപോയ പിന്നെ ഇവിടെ സുഖത്തിന്റെ ദുഃഖമില്ല സുശക്തി മുച്ച വാഷ്യാലം പറയു അതുപോലെ ഏതൊരവസ്ഥയാണ് ഒന്നും അറിയാത്ത അവസ്ഥ നമ്മൾ സാറിന് പറയും ഞാൻ ധ്യാനിക്കായിരുന്നു സമാധിയുടെ പ്രതീക്ഷയിലായിരുന്നു ഒന്നും അറിഞ്ഞില്ല വല്ലാത്ത അവസ്ഥയായിരുന്നു ഒന്നും അറിഞ്ഞില്ല എന്നുവെച്ചാൽ ഉറങ്ങിപ്പോയി ഉറക്കത്തെ ഉറക്കമെന്നറിയുന്നില്ലല്ലോ ഉറങ്ങും പാരങ്ങളായിരുന്നുള്ളതാ ഞാൻ ഉറങ്ങുകയാണ് ഇത് ഉറക്കമാണ് അറിയുന്നത് ഉണന്നതിന് ശേഷം ഇത്രയും പറയാൻ പറ്റൂ ഒന്നും അറിഞ്ഞില്ല അത് ഉറക്കം ഉറക്കത്തിൽ താരതമ്യമുണ്ട് തരഞ്ഞും വരുന്നത് എങ്ങനെ അവിടെ ജാഗ്രത കിടന്നു വരും ചിലപ്പോൾ ജാഗ്രത പൂർണമായും മാറ്റി നിർത്തി റക്കും ജാഗ്രതയും തമ്മിലുള്ള ആ ഭേദം വളരെ വളരെ മൃദുവാണ് പലപ്പോഴും ആ ഭേദം തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ് ഇപ്പത്തന്നെ ഇവിടെ ഇരിക്കുന്നതിന് എത്ര പേര് ഉറങ്ങുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഉറങ്ങുകയാണോ അതെ ഉണർന്നിരിക്കുകയാണെന്ന് വെച്ചാൽ തീർത്ത് പറയാൻ പറ്റത്തില്ല അത് കേൾക്കുന്നുണ്ട് പക്ഷെ ഒരു ഭാഗത്തുകൂടി ഉറപ്പുമുണ്ട് ഒരു മയക്കം എന്ന് പറയുന്നുണ്ട് േങ്ങിയിരിക്കുന്നു ഇന്നലെ ഉറങ്ങാതിരുന്നതിന്റെ ക്ഷീണം എന്നാ എന്തൊക്കെ കേൾക്കുന്നുമുണ്ട് അപ്പോ അവിടെ എന്താ ഇത് ശരിക്കും ഇത് ഉറക്കമാണോ അതോ ജാഗ്രത പറയാൻ വയ്യ മനസ്സങ്ങനെ ഇനി അതിൽ നിന്ന് ഒരു തെളിച്ചം വരും പെട്ടെന്ന് ആ ഒരവസ്ഥയെ വിട്ടിട്ട് മനസ്സൊന്നുകൂടി ഉണരുന്നു എന്തെങ്കിലും മനസ്സിനെ ഉണർത്തുന്നതിൽ എന്തെങ്കിലും ഒരു നിമിത്തം വരെ കൊണ്ടുവരുന്നു അപ്പൊ അതങ്ങ് പാടെ ആ മനസ്സിന്റെ ആ മയക്കം ആലസ്യമെന്ന മയക്കംന്ന് പറയാം അതങ്ങ് വിട്ടിട്ട് പെട്ടെന്നത് ഒരു തെളിവിലൂടെ വരുന്നു ജാഗ്രതായി ആ ജാഗ്രത്തിൽ വന്നാൽ തന്നെ മനസ്സിൽ പല ചിന്തകളും വന്നു കഴിഞ്ഞാൽ ആ ജാഗ്രത വേണ്ടത്ര ഉണർവ് കിട്ടുന്നില്ല തെളിച്ചം കിട്ടുന്നില്ല മനസ്സ് ഭാഗികമായി ഒരിടത്തായിരിക്കും ഭാഗികമായി വേറെടുത്തായിരിക്കും ഇവിടെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും ആ സമയം തന്നെ മനസ്സിന്റെ ഒരു ഭാഗം വേറെ ചിന്തിച്ചുകൊണ്ടിരിക്കും നാട്ടുകാരെയും വീട്ടുകാരി ചിന്തിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ ഭൂതത്തിലേക്ക് പോകും ചിലപ്പോൾ ഭാവിയിലേക്ക് പോകും ശ്രവണത്തിൽ മനസ്സിനിക്ക് എത്തില്ല അപ്പോ അത് ജാഗ്രതന്നെ വരുന്ന ഭേദങ്ങൾ സുഷൃത്തിയിൽ ഭേദം വരുന്നു ും നല്ല ഇതെല്ലാം പൂർണമായും പറ്റി കേവലമായ നിദ്രയിലേക്ക് പോകും ഒരു സ്പർശവും സ്വപ്നത്തിന്റെ സ്പർശം ഉണ്ടാകും കൂടുതൽ യത്നിക്കുമ്പോ നേരത്തെ ശകുനി ദൃഷ്ടാന്തം പറഞ്ഞു പക്ഷിയെ ബന്ധിച്ച പക്ഷി ഇങ്ങനെ പറക്കുന്നു അത് പറന്നു പറന്നു പറന്നു പൂർണമായും ക്ഷീണിക്കുമ്പോ ആ കുറ്റിയുടെ ചവിട്ടിൽ തന്നെ ഒന്ന് വീഴുന്നു അത് പൂർണമായും ക്ഷീണിച്ചാൽ പിന്നെ അതിനെ അനങ്ങാൻ പറ്റത്തില്ല കുറേ സമയം അങ്ങനെ തന്നെ കിടക്കും അതുപോലെ ഗാഢനെതിരെ പോകുന്നു ഒരുപാട് ക്ഷീണിക്കുമ്പോ അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത കാരണങ്ങളുണ്ട് ഒന്നും അറിയാത്ത അവസ്ഥ അതാണ് ധ്യാനിച്ചപ്പോൾ അതുവരെ മനസ്സുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടേ മനസ്സങ്ങോട്ട് പോയി പിടിച്ചു ഇങ്ങോട്ട് പോയി പോയി പിടിച്ചു വേറെ കാര്യം ചെയ്ത് വിശേഷ വേണ്ട ഇങ്ങനെ മനസ്സുമായിട്ട് യുദ്ധം നടത്തി നടത്തി നടത്തിയ അവസ്ഥയാണ് മനസ്സുമായിട്ട് ആരാണ് യുദ്ധം നടത്തുന്നത് മനസ്സ് തന്നെ തന്റെ തലക്കടിച്ച ആർക്കാ വേദനിക്കുന്നത് തനിക്കുന്നെ വേദനിക്കൂ മറ്റാർക്കെങ്ങനെ വേദനിക്കും അപ്പം മനസ്സുമായിട്ട് യുദ്ധം നടത്തി കഴിഞ്ഞാൽ മനസ്സ് തന്നെ തളർത്തും അങ്ങനെ തളർന്നു കഴിഞ്ഞാൽ മനസ്സ് എന്തു ചെയ്യും മനസ്സ് എല്ലാ പ്രവർത്തനങ്ങളും പിന്മലിക്കും അത് പിന്നെ അറിയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നതാണ് ഗാഠനിദ്ര ഒന്നും അറിഞ്ഞില്ല സമാധി പോയി ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിയാത്ത സമാധി അത് ഉറക്കമാണ് അങ്ങനെ പറയാറുണ്ടല്ലോ അപ്പൊ അത് ഉറക്കത്തിന്റെ താരതമ്യം എന്ന് പറയുന്നതാണ് പൂർണമായും മനസ്സ് വിലയിച്ചു പോകുന്നു പ്രവർത്തിക്കാൻ ആകുന്നില്ല അവിടെ നാന്യ പസിരി നാന് ശ്രമോതി വീണ്ടും ആ മനസ്സ് ഉണരുന്നു വീണ്ടും അഭ്യാസം തുടരുന്നു ജാഗ്രതയിൽ നിന്നും മനസ്സിന് ഗാഠിനെതിരയിലേക്ക് അല്ലെങ്കിൽ സുശക്തിയുടെ പല തലങ്ങളിലേക്ക് പോകാം സ്വപ്നത്തിലേക്ക് പോകാം അല്ലെങ്കിൽ സമാധിയിലേക്ക് പോകാം എല്ലാം ജാഗ്രതയിൽ നിന്നാ പോകും അവിടെ എല്ലാം വിഷയഗ്രഹണമുണ്ട് എന്തിനെങ്കിലും ഗ്രഹിക്കും ആനന്ദത്തെ ഗ്രഹിക്കും മറ്റൊന്നും ദുഃഖമില്ലാത്ത ആനന്ദത്തെ ഗ്രഹിക്കും ഇതെല്ലാം മനസ്സിന്റെ പ്രവർത്തനം സുഷൃപ്തി ഒഴികെ ബാക്കിയെല്ലാം മനസ്സിന്റെ പ്രവർത്തനമാണ് സമാധി വരെയുള്ളത് സുഷൃപ്തി ഒഴികെ സുഹൃത്തിയതല്ല ഗാഠനി വരെയും എന്ന് വെച്ചാൽ അതെന്താ മനസ്സ് പ്രവർത്തിക്കാതിരിക്കുന്നു മനസ്സ് സ്വയം ഇല്ലാതാകുന്നു അവിടെ അപ്പോൾ മനസ്സിലാണ് അവിടെ മുഖ്യം ഈ എല്ലാ അവസ്ഥയിലും കൊണ്ടെത്തിക്കുന്ന മനസ്സാണ് അതുകൊണ്ട് ഇവിടെ മനസ്സിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭാഷകാലം പറയുന്നു മനനെന്തോ അത്ര മനസ്സിന് കൂടെ എടുത്തോളും ദൃഷ്ടവ്യം അത് പറഞ്ഞതായി മനസ്സിലാക്കീർ മനത്തേ ഇവിടെ മനസ്സുണ്ടെന്ന് നീ അറിയുന്നില്ല മനസ്സിന്റെ പ്രവർത്തനമില്ല ഭൂമാവിൽ ആത്മാവിൽ അതാണ് സുഖം സുഖത്തിൽ മനസ്സില്ല എന്നാ ഇപ്പൊ സുഷുപ്തിയെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ സുഷുപ്തി സാധ്യമല്ല വ്യാഖ്യാനിക്കുന്നിടത്ത അവസ്ഥയില്ല സമാധിയെ കുറിച്ച് വ്യാഖ്യാനിക്കാൻ സമാധി പറ്റത്തില്ല പണം വ്യാഖ്യാനിക്കുന്നിടത്ത അവസ്ഥയില്ല കർണങ്ങളെല്ലാം ഉപരമിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി എങ്ങനെയാ ജാഗ്രത സമാധി വ്യാഖ്യാനിക്കുന്നത് പിന്നെ അത് സുഷുപ്തിയെ വ്യാഖ്യാനിക്കുന്നത് പോലെ എന്തോ ഒരു ബന്ധമുണ്ടോ എന്താണോ ഈ ജാഗ്രതയിലിരിക്കുന്നോൺ തന്നെയാണ് സുഷുതിയിലിരുന്നത് ഈ ജാഗ്രതയിലിരിക്കുന്നോൺ തന്നെയാണ് സമാധിയിലിരുന്ന ആ ഒരു ബന്ധം അത്രയുള്ളു അതുകൊണ്ട് ജാഗ്രതയിലിരുന്നുകൊണ്ട് സമാധിയെ വ്യാഖ്യാനിച്ചാലും അത് പൂർണ്ണമാകത്തില്ല ആ ഒരു വ്യാഖ്യാനവും പൂർണമല്ല ഒരവസ്ഥാന്തരം എന്നേ പറയാൻ പറ്റും അതാണ് പറയുന്നത് അത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല അങ്ങനെയൊരവസ്ഥ എത്തിച്ചേരുന്നു അപ്പത് പറ്റുന്നില്ല അവിടെ ആ അവസ്ഥയിൽ ആ അനുഭവത്തിന് മനസ്സുണ്ടായിരുന്നെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന മനസ്സല്ല ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥൂലമായ മനസ്സല്ല ആ അനുഭവത്തിലിരുന്നു അതുകൊണ്ട് ഈ സ്ഥൂലമായ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ അതിന് പറയാൻ പറ്റുന്നില്ല അതല്ലേ അവസ്ഥയിൽ നിന്ന് ഭ്രംശിച്ചു പോയി വിധാനം എന്ന് പറയുന്ന അവസ്ഥ വന്നു നിരോധത്തിൽ നിന്ന് മാറി വിധാനത്തിലേക്ക് വന്നു നിരോധവും ചിത്തത്തിന്റെ സംസ്കാരം തന്നെയാണ് നിരോധം മറ്റൊന്നുമല്ല ചിത്തത്തിന്റെ അവസ്ഥ തന്നെ തന്നെയാണ് അതിനപ്പുറം ഒന്നും ഉണ്ടെന്ന് പറയുന്നില്ല ഇതെല്ലാം മനനം മനസ്സിന്റെ അവസ്ഥയാണ് മനസ്സിന്റെ വിഷയങ്ങളാണ് ഇനി അനുഭവം എന്ന് പറഞ്ഞാലോ അതും മനസ്സിന്റെ തന്നെ പ്രായശ മനനപൂർവ്വത്തോ വിജ്ഞാനസിയോ ഇവിടെ പൊതുവെയുള്ള വിജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ച് നാന്യദ്വിജാനാദി എന്ന് പറഞ്ഞൊന്നും അറിയുന്നില്ല പൊതുവെ ഒരറിവുണ്ടാകണമെങ്കിൽ അവിടെ മനനം മനസ്സിന്റെ പ്രവൃത്തി സംഭവിക്കണം മനന രൂപത്തിലുള്ള പ്രവൃത്തി സംഭവിക്കണം അങ്ങനെ സാറിന് പറയുന്നുണ്ടല്ലോ ചിന്തിച്ചു അറിഞ്ഞു മാനസികമായ ആന്തരികമായ അറിവുകളൊക്കെ എങ്ങനെയാണ് ചിന്തിച്ച് മനസിലാകുന്നു പുതിയ പുതിയ വിഷയങ്ങളെ ചിന്തിച്ചു മനസ്സിലാകുന്നു അല്ലാതെയും ഉണ്ടാകണം ഇന്ദ്രിയ വിഷയ സംബന്ധമുണ്ടാവുമ്പോൾ ഒരു മനനപൂർവ്വകമല്ലാതെ തന്നെ പെട്ടെന്ന് അറിവുണ്ടാവുന്നുജ്ഞാനം ഉണ്ടാവും ഇതങ്ങനെയല്ല മനുഷ്യന് ഉണ്ടാകുന്ന വിശേഷിച്ചുള്ള ജ്ഞാനങ്ങളെ കുറിച്ച് പറയുകയാണ് അവിടെ മനനത്തിന് ശേഷം അറിവുണ്ടാകുന്നു അപ്പോൾ വിശേഷിച്ചെങ്കിലൊരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന അനുഭവം എനിക്കങ്ങനെ ഒരു വിശേഷജ്ഞാനം ഉണ്ടായി സാധാരണ നിങ്ങൾക്കാർക്കുള്ള അനുഭവം അല്ല എനിക്കുണ്ടായത് ഒരു വിശേഷിച്ചുള്ള അനുഭവം ആ അനുഭവം ഈ ജാഗ്രതത്തിൽ എനിക്ക് പറയാനും പറ്റത്തില്ല ഈ ജാഗ്രതയിൽ നിങ്ങളത് അനുഭവിക്കുന്നതല്ല തരുന്ന ഇപ്പൊഴിത്തി പറഞ്ഞു തരാം അതുപോലെയാണ് ഇതുപോലെയാണ് എന്ന് തരുന്ന വിപെടുത്തി പറഞ്ഞു തരാനുള്ള അറിവ് ആർക്കും ഇല്ല അപ്പോ പക്ഷെ ആ അറിവ് ഞാൻ അനുഭവിച്ചു അത് എവിടെ അനുഭവിച്ചു അത് ഈ തലത്തിലല്ല മനസ്സിന്റെ മറ്റേതോരു തലത്തിൽ എന്ന് പറയുന്നിടത്തും അവിടെ മനസ്സിന് അംഗീകരിച്ചേ ഏത് അനുഭവത്തെ പറഞ്ഞാലും ശരി മനസ്സുവു മനസ്സില്ലെങ്കിൽ അനുഭവില്ല സുശക്തി ഉദാഹരണമായിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി ഈ പറയുന്നതല്ല ഇത് മനസ്സിലാകത്തുള്ളൂ ഇവിടെ പറയുന്നു അല്ലെങ്കിൽ ഈ പറയുന്നെന്തോ കടങ്കഥ സുഖയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത് മനസ്സിലാവും നണ്യത് വിജാനാദി ഒന്നും തന്നെ ഇവിടെ അറിയുന്നില്ല മനനം ചെയ്യുന്നില്ല ദർശന ശ്രവണാദികളെല്ലാം പറയുന്നു അതാണ് സുഖം അപ്പം നമ്മൾ കേട്ടറി കേട്ടിട്ടുള്ള സുഖങ്ങളല്ല നമ്മൾ കേട്ടിട്ടുള്ള സുഖങ്ങളെല്ലാം നമ്മൾക്ക് ഇന്നുള്ള സുഖവുമായി താരതമ്യപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇതിലും വലിയൊരു സുഖം അവസാനിക്കാത്ത സുഖം ഇതങ്ങനെയല്ല ഭൂമ ഭൂമാവിനെ കുറിച്ച് എന്താ വൈ ഭൂമ ത സുഖം ഈ ഭൂമാവ് തന്നെയാണ് സുഖം ഇപ്പോ ദുഃഖത്തിന്റെ മറുകര കടത്തണം എന്ന് പറയുമ്പോ സുഖത്തെ പ്രാപിക്കണം എന്ന് പറയുമ്പോ അതിന് സമാധാനമായി സനൽകുമാരൻ പറഞ്ഞു കൊടുക്കുന്ന ഭൂമാവിനെ കുറിച്ചാണ് സ്വസ്വരൂപമായിരിക്കുന്ന ഭൂമാവ് കിമത്ര പ്രസിദ്ധ അന്യദർശന ഇത്യാദിന എന്താ ഇവിടെ പറയുന്നത് ഒന്നും അറിയുന്നില്ല കിമത്ര പ്രസിദ്ധ അന്യദർശനാഭാവോ ഭൂമിന് ഉച്ചത് അന്യദർശനം എന്ന് പറയുന്ന പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയാം എന്തെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് സമാധിയെക്കുറിച്ച് നയിക്കൊള്ളത്തിൽ ഗുരു പറയുന്നു ഞാൻ സമാധി അനുഭവിക്കുന്നു ശിഷ്യന് മനസ്സിലാവും എനിക്കില്ലാത്ത എന്തോരനുഭവമാണ് ഗുരുവിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ് അത് വ്യത്യസ്തമായൊരു അനുഭവമാണങ്ങനെ മനസ്സിലാവും എന്തുകൊണ്ട് ഒരാളുടെ അനുഭവമാണ് വേറെ കുറിച്ച് പ്രത്യക്ഷമല്ലെങ്കിൽ മനസ്സിലൂടെ ഊഹിക്കാനും സങ്കല്പിക്കാനും എല്ലാം കഴിയും ഇവിടെ അങ്ങനെയുള്ള പ്രസിദ്ധമായ അന്യദർശനങ്ങൾ അനുഭവങ്ങൾ തന്റേതായാലും ശരി അന്യന്റേതായാലും ശരി അതിന്റെ അഭാവമാണ് ഇവിടെ ഭൂമിനി ഓരോ തരത്തിലുള്ള അനുഭവത്തെയും പറയുന്നില്ല പിന്നെ ഒന്നിവിടെ പറയുന്നുണ്ട് എന്താണ് പശ്യതി ഇത് പറഞ്ഞു പറഞ്ഞിവിടെ എത്തിച്ചേരുന്നു പറഞ്ഞു പറഞ്ഞതും അജ്ഞാനത്തിലാണോ എത്തിച്ചേരുന്നതല്ല അത് അന്യന്നത് പശ്യതി ആത്മാനം പശ്യതീറ്റത് ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് അന്യന്ന പശ്യതി മറ്റൊന്നിനെ അറിയുന്നില്ല കാണുക എന്ന് വെച്ചാൽ പക്ഷേ കാലം പറഞ്ഞതുപോലെ അറിയുക എന്നുള്ള അർത്ഥത്തിലാണ് ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂമാവെന്ന് പറയുന്നവരെ ആത്മാനം പശ്യതി അവനവനെ എന്ന് പറയുന്നു സനത്കുമാരൻ പറയുമ്പോൾ സനത് കുറിച്ച് നരദം പറയുമ്പോൾ നരദനെ കുറിച്ചാ പറയുന്നു പശ്യതി ആത്മാനം പശ്യതി തന്നെ അറിയുന്നു പറയുന്നു വ്യക്തമായിട്ട് ഏതെങ്കിലും സുഖത്തെയോ ഏതെങ്കിലും ദുഃഖത്തെയോ ഒന്നിനെയല്ല തന്നെ അറിയുന്നു അതിനെ നിഷേധിക്കുന്നു തന്നെ കുറിച്ചുള്ള അറിവിനും നിഷേധിക്കുന്നുണ്ടോ തന്നെ അറിയുന്നു പറയേണ്ട കാര്യമില്ല കൗത്സവം നാരദൻ സനക്കുമാരും ഉപദേശിക്കേണ്ട കാര്യമില്ല എല്ലാവരും അവരവരെ അറിയുന്നുണ്ട് അവനെന്താ പ്രത്യേകത ആത്മാനം പശ്യതി തന്നെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താണ് തന്നെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് ഇനി വിശദീകരിക്കുന്നു എന്തല്ലാന്ന് പറയുന്നു എന്താണെന്നും പറയുന്നു രണ്ടും പറയുന്നുണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്നതെല്ലാം വ്യത്യസ്തമായി ഇനി പറയുന്ന തന്നെ കുറിച്ചുള്ള അറിവ് അതെന്താണോ അതെന്താ തുടർന്ന് ചർച്ച ചെയ്യുന്നതല്ല അതിനെ ആത്മദർശനം അതിനെക്കുറിച്ചു അതെന്താണ് അതിനെ കുറിച്ച് അറിയണമല്ലോ അതിന്റെ സ്വരൂപം എന്താണെന്ന് അറിയണമല്ലോ എല്ലാ അറിവിനെയും നിഷേധിച്ചിട്ട് പിന്നെ ഒരു ആത്മദർശനം അതെന്താ പിന്നെ ഒരു ദർശനം ബാക്കി വന്നത് അത് വിശദീകരിക്കരുന്ന് വെച്ചാൽ അവിടെ സംശയം വരുന്നു എന്താ ഈ ആത്മദർശനം ജിജ്ഞാസ വരുന്നു സംശയം വരുന്നു ദർശനങ്ങളൊന്നും ഇല്ലെന്നും പറയുന്നു വീണ്ടും ആത്മദർശനത്തെ കുറിച്ച് പറയുന്നു ആ വരുന്ന സംശയം അത് പരിഹരിച്ചാ മത്മദർശനത്തെ സംബന്ധിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ പരിഹരിക്കു അജ്ഞാന സംശയ പരിഹരിക്കും അത് പരിഹരിച്ചാൽ ആത്മദർശനം പൂർണ്ണമായി അത് പരിഹരിക്കണം അതിനു വേണ്ടിയിട്ടാണ് അടുത്ത വീണ്ടും അതിനെ കുറിച്ച് പറയുന്നത് കിഞ്ചാത ഇതുകൊണ്ടെന്താ ഇത്രയും പറഞ്ഞുകൊണ്ട് അത് ഒന്ന് പറഞ്ഞു ഇത് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളാണ് ഇന്ദ്രിയങ്ങളുടെ വിഷയമില്ല മനസ്സിന്റെ വിഷയമില്ല എന്തെല്ലാം പറഞ്ഞിട്ട് അവസാനം വന്നു ചേർന്ന് ഇവിടെ ആത്മദർശനത്തിൽ വീണ്ടും അനുഭവത്തിലേക്ക് വന്നു ഇന്ത്യ അത് ഇതുകൊണ്ടെന്താ എന്താ നിങ്ങൾ സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തത്വം അന്യദർശനാന്തി അഭാവം മാത്രം ുച്ചവഹാര വിലക്ഷണോ ഭൂമി അതിനെ കുറിച്ച് ആത്മദർശനത്തെ കുറിച്ച് പറയും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അന്യദർശനഭാവം മാത്രം അതാണ് ഉദ്ദേശിക്കുന്നത് ആത്മദർശനം എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെയും ദർശിക്കുന്നില്ല ഇതാണോ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളവും തിരിവുമൊന്നും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മദർശനം എന്ന് വെച്ചാൽ മറ്റൊന്നും ദർശിക്കുന്നില്ല ഒന്നിനെയും ദർശിക്കുന്നില്ല അതിനാണോ ആത്മദർശം എന്ന് പറയുന്നത് അങ്ങനെയാണ് പറയുകയാണെങ്കിൽ ഇത്രമാത്രം മനസ്സിലാക്കാൻ ഭൂമിയെക്കുറിച്ച് എന്താണ് എത്തത് ദ്വൈത സംവ്യവഹാരവിലോ ഭൂമായി തൃത്വം ഭൂതി ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം നേരിട്ടിരിക്കുന്നത് ഏതെല്ലാം അനുഭവങ്ങളുണ്ടോ അതിനൊന്നും വിലക്ഷണമായത് അതല്ലാത്തത് അതിനൊന്നും മാറി നിൽക്കുന്നത് ആ സ്വഭാവത്തിലല്ലാത്തത് ഇത്രയും ഒരർത്ഥം മനസ്സിലാക്കും മനസ്സിലാക്കണമല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഭൂമ എന്ന് പറയുന്നു കാരണം നിങ്ങൾ പറയുന്നത് പരസ്പര വിരുദ്ധം പോലെ തോന്നും പറയുന്നു അവിടെ ദർശനശ്രവണങ്ങൾക്ക് വിഷയമല്ല മനനത്തിന് വിഷയമല്ല വിജ്ഞാനത്തിന് വിഷയമല്ല നന്യജാനാദി സർവ്വ അറിവുകളെയും അവിടെ നിഷേധിക്കുന്നു പിന്നെ പറയുന്നു ആത്മദർശനം എന്ന് പറയുമ്പോ അതിന് ഇത്രയും മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്നതിനൊരർത്ഥം വേണോ എല്ലാ ദർശനങ്ങളിൽ നിന്നും വിലക്ഷണമായിരിക്കുന്നു അല്ല ഈ ദർശനങ്ങളുടെയൊന്നും പട്ടികപ്പെടുത്താൻ നോക്കത്തില്ല ഒരു അനുഭവത്തിന്റെയും പട്ടികയിൽപ്പെടുത്താൻ കഴിയാത്ത ഒന്നും ഇതാണോ ഇതായിരിക്കും എന്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ അഥാ അന്യദർശന വിഷയ വിശേഷ പ്രതിഷേധം ആത്മാനം വസതിപ്പിച്ചതേ തഥാ ഏകസ്മിൻ ക്രിയാകാരക ഫലഭേദോ അഭിഭേദോഭവിയേ അല്ലാതെ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെ ഞാൻ മനസ്സിലാക്കണം ഇതാണോ സാർ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ മറ്റൊന്നിനെയും അറിയുന്നുണ്ട് പക്ഷെ ആത്മാവിനെ അറിയുന്നുണ്ട് അങ്ങനെ ആത്മാവിനെ അറിയുന്ന അറിവൊഴിച്ച് ബാക്കിയെല്ലാ അറിവിനെയും നിഷേധിക്കുകയാണ് അതാണോ അങ്ങനെ സാറിന് നമ്മൾ മനസ്സിലാക്കി ഗുരു ആത്മ ഞാനിയാണ് ആത്മാവിനെ അറിയുന്നുണ്ട് ഞാനത് അറിയുന്നില്ല അപ്പോൾ എനിക്കില്ലാത്ത ഒരു അറിവുള്ള ആള് അതാണ് ഗുരു നമ്മൾ ധരിക്കുന്നത് അന്യദർശന വിശേഷ പ്രതിഷേധേനോ അന്യദർശന വിശേഷങ്ങളെല്ലാം നിഷേധിക്കും ബാക്കി ജാഗ്രത സ്വപ്നം എന്തൊക്കെയുണ്ടോ എല്ലാം നിക്ഷേപിക്കും ആത്മാവനം പശ്യതി എന്നിട്ടെന്ത് ചെയ്യുന്നു തന്നെ ദർശിക്കുന്നു പിന്നെ ഒരാൾ ആത്മജ്ഞാനി എന്ന് വിളിക്കുന്നത് ഇയാൾ ജ്ഞാനിയാണ് ഇത് വേറെ ഇരിക്കുന്ന എന്തിനാണ് ജ്ഞാനം ഉണ്ടായിട്ടല്ലേ എന്ത് ജ്ഞാനം ആത്മാവിനെ കുറിച്ചുള്ള അതുള്ളത് ആത്മജ്ഞാനി എന്ന് പറയുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോമാ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ ആത്മാനം പശി ഇച്ഛത് എന്നാണ് പറയുന്നതെങ്കിൽ അത് എനിക്കൊന്നും മനസ്സിലാക്കണമല്ലോ എന്താണ് കേൾക്കുന്നതിന്റെ അനുഭവത്തിന് യുക്തിക്കും ഒട്ടും നിരക്കാത്തതിന് അതിന്റെ ഗുരുവിന്റെ അനുഭവം എന്ന് പറഞ്ഞാലും എങ്ങനെ സ്വീകരിക്കും ഗുരു പറയുകയും എനിക്ക് കൊമ്പുണ്ട് നിനക്ക് കൊമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയത് സ്വീകരിക്കുന്നു കൊമ്പുണ്ടെങ്കിൽ കാണണ്ടേ കൊമ്പുണ്ടെങ്കി അത് കാണണമല്ലോ കാണാത്ത കൊമ്പെന്താ കൊമ്പ് തളിയില്ല വരുന്നു അവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടു തന്നെ തീരുന്നു ഇത് കൊമ്പുണ്ട് നിനക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കണ്ട അതുപോലെ ഇവിടെ എല്ലാ ദർശനത്തെയും നിഷേധിച്ചിട്ട് പറയുന്നു ആത്മദർശനത്തൊക്കെ ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തതാകസ്മിന ക്രിയാകാരക ഫലഭേദോ അഭ്യേദങ്ങൾ വീണ്ടും നിങ്ങൾ പഴയ സ്ഥലത്തുതന്നെ എത്തിച്ചേരും വീണ്ടും നിങ്ങൾ എന്തിനാണോ നിഷേധിച്ചത് അതിനെ സ്വീകരിക്കേണ്ടി വരും ഇവിടെ ശിഷ്യൻ ഗുരുവായാലും ശരി വെറുതെ വിടുന്നുണ്ട് എന്താണ് നിഷേധിച്ചത് ദർശനഗ്രഹണാദികളുടെ അഭാവം എന്ന് പറഞ്ഞു ഒന്നുമില്ല ഭൂമ എന്ന് പറഞ്ഞു ഒരനുഭവം അവിടെ ഇല്ലാന്ന് വരും ഇവിടെ പറയുന്നു ഒരനുഭവം ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ വീണ്ടും എന്തായി അവിടെ അനുഭവം കാണുന്നവനായി അനുഭവിക്കുന്നവനായി ക്രിയാകാരക ഫല ഭേദങ്ങളെല്ലാം അവിടെ വരും അനുഭവിക്കൽ അനുഭവിക്കുന്നവൻ അനുഭവ വിഷയം അനുഭവം എല്ലാം വരും അപ്പോ നിങ്ങൾ നാന്യ ശ്രമോതി അന്യം നാന്യ വശതി ദർശദി എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമില്ലാതെ വരും അവസാനം വീണ്ടും എന്താ ഒരനുഭവം അത് വരും ദൈവം കോദോഷ്യന്നോട്ടെന്താ ദോഷം അതിന് ഇതിനെന്താ ദോഷം കാണുക മറ്റും മറ്റു ആർക്കും ഇല്ലാത്ത ഒരു പ്രത്യേക അനുഭവം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗുരുവായത് നിങ്ങക്ക് എന്തായാലും ഇത്ര കണ്ണുകടി കോദോഷഹാരെന്താ ദോഷം നിനക്കില്ലാത്ത എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ അസൂയാണോ അങ്ങനെയൊരു അനുഭവം എനിക്കുണ്ട് നിനക്കില്ലാത്ത എനിക്കുണ്ടെന്ന് പറയാൻ പാടില്ലേ എനിക്കിങ്ങനൊരനുഭവ ആത്മദർശനം ആത്മജ്ഞാനം ആത്മാനുഭവം അങ്ങനെ ഒന്നുണ്ട് അത് വഴികെ ബാക്കിയുള്ള അനുഭവങ്ങളൊന്നുമില്ല അത് നിഷേധിച്ചു എന്നെ സ്വീകരിക്കുന്നതിന് എന്താ കുഴപ്പം അദ്ദേഹം കോഷ്യാ എന്താ ദോഷം പറയുന്നു ഞാനു വായ്മ ദോഷ ദോഷമുണ്ട് എന്താണോ ദർശന ശ്രവണാദികളെല്ലാം പൂർണമായും നിഷേധിച്ചിട്ട് വീണ്ടും ഒരു ദർശനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സംസാരം അന്നുവിടുത്തി ഈ ദർശനശ്രവണാദികളാണല്ലോ ഈ സംസാരത്തെങ്ങനെ നിലനിൽക്കുന്നത് എന്താ സുഹൃത്തിയിൽ സംസാരമുണ്ടോ ഇല്ലല്ലോ ആർക്കാ സംസാരം അവിടെ ആരാ സംസാരില്ല ജാഗ്രതരാതൊക്കെ ഉള്ളു എന്തുകൊണ്ട് ഇവിടെ ദർശനശ്രവണങ്ങളുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ദർശനശ്രവങ്ങൾ എവിടെയുണ്ടോ അവിടെ സംസാരമുണ്ട് ഞാനുണ്ട് എൻ്റെതായ സർവതുമുണ്ട് അപ്പോൾ അവിടെ ജനന മരണങ്ങളെല്ലാം ഉണ്ട് ബന്ധമോക്ഷങ്ങളെല്ലാം വരും നിങ്ങൾ ദർശനശ്രവണങ്ങളെ വീണ്ടും അംഗീകരിക്കുന്നു നിഷേധിച്ചിട്ട് അംഗീകരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണോ സംസാരത്തെ അംഗീകരിക്കുന്നു അറിയും അറിവും അറിയുന്നവനും അറിവിന്റെ വിഷയവും ഇതും സംസാരമാണോ ഭൂമാവ് സംസാരത്തിൽ പെട്ടെന്ന് വരും അതെന്തുകൊണ്ട് നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ചിട്ടാണ് എവിടെയെങ്കിലും ദർശനശ്രവണാദികളുണ്ടെങ്കിൽ അവിടെ പ്രപഞ്ചാനുഭവമുണ്ട് ദ്വൈതാനുഭവമുണ്ട് അത് തന്നെ സംസാരം അനുഭവമുണ്ടോ അവിടെ ദ്വൈതമുണ്ട് അത് തന്നെ സംസാരം ഞാൻ അനുഭവിക്കുന്നു ഞാൻ ദർശിക്കുന്നു ഞാൻ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ ഉണ്ടായപ്പെട്ടു സാക്ഷാത്കരിക്കാനും എന്തെങ്കിലും ഉണ്ടായതേ പെട്ട് സംസാര നിവർത്തി നിവർത്തിക്കും ഇവിടെ ഗുരു ശിഷ്യ സംവാദരൂപത്തിലാണ് ഒരുപക്ഷി എന്ന് പറയുന്നത് ശിഷ്യൻ തന്നെയാണ് ഗുരുവിനെ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ക്രിയാകാരക ബലഭേദവും സംസാരം ക്രിയാകാരക ബലഭേദമാണ് സംസാരം അറിവ് അവിടെ ഭേദമുണ്ട് അറിയുന്നവൻ അറിവ് അറിയുന്നെങ്കിൽ വിഷയം വേണോ അറിവിന്റെ വിഷയം അറിയുക ക്രിയവും കാരകം കർത്താവ് അറിയുന്നവൻ പിന്നെ അറിവിനുള്ള ഉപ്പായം മനസ്സാണെങ്കിൽ മനസ്സ് കരണകാരകം കർത്തൃ കാരകം ഫലം ഇവിടെ പറയുന്നത് എന്താണ് സുഖം ഞാൻ ആത്മാവിനെ അറിഞ്ഞു അന്നും അതുപോലെ സുഖമാണ് പിന്നെ ദുഃഖമേയില്ല ദുഃഖം അറിയുന്നേയില്ല വക്രിയാക്കാരക പരിഭേദമൊന്നല്ലോ ഇതിനെ തന്നെ സംസാരം എന്ന് പറയുന്നു എന്റെ സംസാരം വേറെ നിന്റെ സംസാരം വേറെ അങ്ങനെയുള്ളു അത് ലോകത്തിലും അങ്ങനെയാണ് ഒരുവന്റെ സംസാരം എന്റെ വേറെ ഒരുവൻ നിങ്ങളുടെ സംസാരം എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന സംസാരമെന്നു പറയും എന്തായാലും അതവിടെ ഉണ്ട് ആത്മീകത്വ ക്രിയാകാരക ഫലഭേദ സംസാരവിലേ പറയുന്നു അത് ഇതിനെ നിങ്ങൾക്ക് സംസാരമൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ എന്താണോ ആത്മേകത്വമാണ് ഇവിടെ ഞാൻ മറ്റൊന്നിനെ അറിയുന്നില്ല ആത്മാനം പശ്യതി എന്ന് പറയുന്നിടത്ത് വേറെ ആരെയും അറിയുന്നില്ല എന്നിൽ നിന്ന് അന്യമായി രണ്ടാമതൊരാൾ കൊണ്ട് അറിയുന്നിടത്താണ് ഈ സംസാരം എന്ന് പറയുന്നത് ഞാൻ ശരീരത്തെ അറിയുന്നിരിക്കട്ടെ അത് സംസാരമാണ് ബാഹ്യമായ അറിയട്ടെ അത് സംസാരമാണ് ഇവിടെ ഞാൻ ആത്മാനം പശ്യതി അഹം ഭൂമാ ഞാൻ ഭൂമാവാണ് ആത്മാവാണ് ബ്രഹ്മമാണ് അതിന് ഞാൻ ദർശിക്കുന്ന പറയുന്നത് അതിന്റെ ജ്ഞാനം എനിക്കുണ്ടെന്നാണ് പറയുന്നത് എന്റെ അപരോക്ഷ സാക്ഷാത്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിലെങ്ങനെയാ സംസാരം പറയുന്നത് ഇനിയും സംസാരമെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംസാര ശബ്ദത്തിന്റെ അർത്ഥം ഇത് ബന്ധിക്കുന്നതല്ലോ ഇത് മോചിപ്പിക്കുന്നതല്ലേ സംസാരം അങ്ങനെയല്ല ബന്ധിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്നതും മോചിക്കേണ്ടതുമാണ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആത്മദർശനത്തിൽ ആത്മേകത്വേ അവിടെ ദ്വൈതമില്ല ക്രിയാക്കാരകഫല ഭേദ സംസാരവില ഇവിടെ ആത്മദർശനത്തിനും നിങ്ങൾ പറയുന്നു ഞാൻ ആത്മദർശനം എന്ന് പറഞ്ഞ പറയുന്നു ഞാൻ ആത്മദർശനം പക്ഷേ ഇത് സംസാരവിലാണ് ഈ ഭേദം ഈ അനുഭവം അനുഭവത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇത് സംസാരമാണെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല ഈ എന്റെ ആത്മദർശനം സംസാരത്തെ അവസാനിപ്പിക്കുന്ന ജനനമരങ്ങളെ അവസാനിപ്പിക്കുന്ന അപ്പൊ ഇത് സംസാരവിലാണ് അതുകൊണ്ട് ഇതിനെങ്ങനെ സംസാരമെന്ന് പറയാൻ പറ്റും ഇത് ചെയ്യാം ഈ സംവാദത്തിന്റെ നിർണ്ണയം വരികയാണ് ഈ സംവാദം എന്ന് പറയുമ്പോൾ അതിൽ ചോദ്യത്തിലും സമാധാനത്തിലും ഒരു സമാധാനം കാണും രണ്ടിലും വരും സിദ്ധാന്തത്തിന്റെ ചില അംശങ്ങളെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചില അംശങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു അത് പൂർണ്ണമല്ലെന്നേ ഉള്ളൂ പറയുന്നു എന്നാ ആത്മനോ നിർവിശേഷം പറഞ്ഞു നിർവിശേഷമാണ് ഒരു തരത്തിലുള്ള ദർശനവും ഇല്ലാത്ത നിർവിശേഷമായ ഏകമാണ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിദർശനാദിക്രിയാകാരക ഫലഭേദാഭ്യൂമസ്യ അവിടെ ജ്ഞാനം വൻ ജ്ഞാന ഉണ്ടാകുന്ന പ്രക്രിയ ജ്ഞാനഫലം ക്രിയാക്കാര കലാഫല ഭേദം ഇതെല്ലാം ഇവിടെ പറയുന്നത് ആത്മജ്ഞാനം എന്നും മറ്റും പറയുന്നെന്താണ് ആലങ്കാരികമായി പറയുന്ന ശബ്ദമാതൃത്വമാണ് കേവലം ശബ്ദം മാത്രമേ സുഷുപ്തി എന്താണ് ജാഗ്രതയെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയിൽ സുഷുപ്തി എന്ന് പറയുന്നത് കേവല ശബ്ദം മാത്രം അങ്ങനെയല്ല സുഷുപ്തി ഞാൻ അറിഞ്ഞ ആളെന്താ ഇപ്പം നിങ്ങൾ സുഷ്ട്തിയിലാണോ ഇപ്പൊ സുഷ്ട്തി അല്ലല്ലോ നിങ്ങൾ അനുഭവിക്കാത്ത ഒന്നിനെ കുറിച്ച് എത്രയൊക്കെ വർണ്ണിച്ച് പറഞ്ഞാലും ശരി അതാകത്തില്ല അതൊരിക്കലും അതാകത്തില്ല പാൽപ്പായസം കുടിക്കുന്നു ജാഗ്രതയിലാണ് കുടിക്കുമ്പോൾ വർണ്ണിക്കാം ഇത് വളരെ മധുരമുള്ളതാണ് ശ്രേഷ്ഠമാണ് ഇനി അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞുമ്പോൾ മറ്റൊരു ജാഗ്രത വർണ്ണിക്കാം കാരണം അതൊരു ജാഗ്രത സംഭവിച്ച കാര്യം അവിടെ ക്രിയാകാരക ഫലഭേദങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് അതിനെ വീണ്ടും നമുക്ക് എത്ര വേണമെങ്കിലും വർണ്ണിക്കാം ദോഷമില്ല പക്ഷെ ഇതെല്ലാം അസ്തമിച്ചെടുത്ത് ജീവഭാവം പോലും അസ്തമിച്ചിരിക്കുന്ന ഒന്നിനെ കുറിച്ച് എങ്ങനെ ജാഗ്രത പറയാൻ പറ്റും വ്യവഹാരം അസംഭവമാണ് അതിനെ കുറിച്ച് ഒന്നും സാധ്യമല്ല ഒന്നും സാധ്യമല്ലാന്ന് വരുമ്പോൾ നമ്മൾ തോത്ത് തോറ്റു പിന്മാങ്ങൾ എന്നിടത്താ പറയുന്നത് ഒന്നും അറിയില്ല അറിവില്ല ഒന്നും പറയാൻ കഴിയില്ല എന്ന അതുപോലെയാണ് ഭൂമ അതിനെക്കുറിച്ച് പറയുന്നു ആത്മദർശനം എന്ന് പറയും ആത്മദർശനം എന്ന് ശബ്ദം മാത്രം ജാഗ്രത പ്രയോഗിക്കുന്ന ഒരു ശബ്ദം ഒന്ന് മാത്രം എടുത്താവൂ അതിനപ്പുറം പറയാൻ സാധ്യമല്ല ആ ശബ്ദപ്രതീതിയിൽ ഒരാൾക്ക് പ്രതീതമാകുന്നതാണ് ക്രിയാകാരക ബലഭേദം സംസാരം മറ്റ് അതിനു ശബ്ദത്തിന്റെ തലത്തിൽ എടുത്താൽ ഈ ജാഗ്രത പറയുമ്പോൾ എന്ന് വെച്ചാൽ ശബ്ദാർത്ഥമായിട്ടല്ല പറയുന്നർത്ഥം ശബ്ദലക്ഷ്യമായിട്ടാണ് പറയുന്നതെന്നർത്ഥം അതാണ് കേവല ശബ്ദം ശബ്ദത്തിനതിനുമായിട്ട് നേട്ട് ബന്ധമൊന്നും ശബ്ദമാത്രത്വ വിഷയത്തെ ശിഷ്യൻ വിടുന്ന കൂട്ടത്തിലല്ല വീണ്ടും അതിനെക്കുറിച്ച് പലതും പറയാനും ചിന്തിക്കാനുമുണ്ട് ദർശനാധിക്രിയാകാരക ബലഭേദാഭ്യവും അല്ലെ അത് സാറിന് പറയാറുണ്ട് ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശബ്ദം മാത്രമാണ് ശാസ്ത്രം ഗുരുപദേശമാണ് ആയിക്കോട്ടെ പക്ഷേ ശബ്ദമല്ലാതെ ഇതെന്താ അർത്ഥമുള്ള ശബ്ദമല്ലേ എന്ന് ചോദിക്കും ആണ് പക്ഷെ അർത്ഥത്തിനുള്ള വിലയില്ല കാരണം ഇവിടെ ഇന്തിനെ കുറിച്ചാണോ പറയുന്നത് അത് ശബ്ദാർത്ഥമുണ്ട് ഏതാണോ ശബ്ദാർത്ഥമായിരിക്കുന്നത് അതല്ല അത് അതുകൊണ്ട് പറയുന്നത് എന്താണ് ശബ്ദലക്ഷ്യമാണ് ശബ്ദത്തിൻ്റെ ഉപയോഗം എന്താ അർത്ഥത്തെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽക്കാലം നാല് കാലിൽ ഒരു ജീവിയെ നമ്മൾ ഗ്രഹിക്കണം അതാണ് ശബ്ദത്തിൻ്റെ പ്രയോഗം പ്രയോജനം സർവത്ര ശബ്ദം പ്രയോഗിക്കുന്നത് അർത്ഥഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ശബ്ദം പ്രയോഗിക്കുകയും അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ വന്നാലോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോ ഇത്ര കേവലം ശബ്ദം മാത്രം എന്നേ പറയാൻ പറ്റും ഭൂമാവിനെ കുറിച്ച് പറയുമ്പോ എന്താ ഭൂമ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണോ അത് അല്ല പിന്നെ ഈ ശബ്ദം ഒന്നും കേവല ശബ്ദം ഇവിടെ അർത്ഥത്തിന് ഒരു പ്രസക്തിയില്ല കാരണം അതല്ല അതിന്റെ അർത്ഥം അതുകൊണ്ട് ആത്മാവ് ബ്രഹ്മം ഭൂമ ഇത്തരം ശബ്ദങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്ന കാരണം അവിടെ സർവത്ര പറയുന്നത് എന്താണ് ഇതിൻ്റെ വാച്യാർത്ഥത്തെ സ്വീകരിക്കാൻ ഒക്കത്തില്ല ലക്ഷ്യത്തെ സ്വീകരിക്കണം അത് വാച്യമല്ലാത്തതാണ് ീ ശബ്ദം എന്താ അത് ശബ്ദം മാത്രം അർത്ഥസഹിതമായ ശബ്ദമാണ് ഇത് അവിടെ അർത്ഥം ആവശ്യമില്ല അവിടെ അർത്ഥത്തിന് പ്രയോജനമില്ല ആത്യന്തിയുമായി എന്തിനെയാണോ ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് അർത്ഥവുമല്ല അങ്ങനെ എവിടെ ചെന്നെത്തും ഈ ശബ്ദ പ്രയോഗം ഇങ്ങനെ ഓരോ വികല്പങ്ങളെയും നിഷേധിക്കുന്നതിലൂടെ ഭൂമ എന്നുപറയുന്ന സുസ്വരൂപത്തിൽ വരുന്ന വികല്പങ്ങളും നിഷേധിക്കുന്നതിലൂടെ മിഥ്യാധാരണകളും നിഷേധിക്കുന്നതിലൂടെ വിപര്യത്തെ നിഷേധിക്കുന്നതിലൂടെ അതുമാത്രമേ ശബ്ദം കൊണ്ട് സാധ്യമാ ധനാത്മദർശനം എന്ന് പറയുന്നത് അസ്വസ്ഥരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനാദി ദോഷങ്ങളെ നിരാകരിക്കുന്നതിന് മാത്രമേ ശബ്ദം പിന്നെന്താ ശൂന്യമാണോ അവിടെ ഏത് ശബ്ദവും പ്രയോഗിക്കണം ശൂന്യമെന്നോ സത്തെന്നോ ഏത് ശബ്ദം പ്രയോഗിച്ചാലും വ്യത്യാസമില്ല എന്തുണ്ട് ശബ്ദാർത്ഥമല്ല ആനന്ദമൊന്നും പ്രയോഗിക്കും ദോഷം എന്തുകൊണ്ടതൊന്നും ശബ്ദാർത്ഥമല്ല ഏത് ശബ്ദത്തിനും അങ്ങനെ പറയാം ശബ്ദങ്ങളെല്ലാം എന്താണ് അവിടെ അതിന് ശബ്ദത്തിന്റെ നിലയും ശബ്ദാർത്ഥത്തിന്റെ നിലയിലെ ശബ്ദം മാത്രം അന്യദർശനാന്ത്യ എത്ര ഇതി അന്യെന്ന പശ്യതിരി വിശേഷിനെ അനർത്ഥക ശിഷ്യൻ വളരെ സൂക്ഷ്മമായി ചിന്തിക്കണം എന്ന് വെച്ചാൽ എത്ര മാത്രം ചിന്തിക്കാൻ മാത്രം ചിന്തിക്കും ചിലപ്പോൾ നമുക്കതിനോടൊപ്പം പോകാൻ എത്താൻ കഴിഞ്ഞില്ലെന്ന് വരും ശിഷ്യന്റെ ബുദ്ധി ചിന്ത എത്തിച്ചേരുന്നിടത്തോളം നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് വരും പക്ഷെ അത്രമാത്രം ചിന്തിക്കാണ് ചിന്തിക്കണമല്ലോ ചിന്തിച്ചൊന്നിനും വെളിപ്പെടുത്താൻ വേണ്ടിട്ടല്ല എന്തൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അതിനെയൊക്കെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് ചിന്ത അപ്പം വേണ്ടതിലധികം വെളിപ്പെട്ടിട്ടുണ്ട് ബുദ്ധിക്കാത്തുണ്ടെന്ന് അതിനെ നിരാകരിക്കണം അന്യദർശനാന്തി അഭാവോക്തി പക്ഷേ ബേ എന്ന് പറയുന്നു ആത്മദർശനം മറ്റൊന്നും ദർശിക്കാതിരിക്കുക അവിടെ ഒന്നുണ്ട് എന്തോ ഒന്നുണ്ട് അതിന് പറയുന്നു മറ്റൊന്നിനെയും ദർശിക്കുന്നില്ല സുഹൃത്തേക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒന്നുണ്ട് മറ്റാരും താൻ തന്നെ ഉണ്ടായിരുന്നു താൻ തന്നെയാണ് സുപ്തനായിരുന്നു അതേസമയം മറ്റൊന്നും അവിടെയില്ല അന്യദർശനാദ്യഭാവം ഇത് പറയുന്നു ഭൂമാവിനെ കുറിച്ച് അതാ പറയുന്നു അന്യദർശനങ്ങളൊന്നും അവിടെയില്ല ഭൂമ മാത്രം സ്വസ്വരൂപം മാത്രം സുഹൃത്തി പോലെ എന്ന് പറയാം എത്ര അന്യെന്ന പശ്യ വിശേഷിന് ആണെങ്കിലും മറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എത്ര എവിടെ എന്നിങ്ങനെ പറയാൻ പറ്റും അതൊരാധാരത്തെ കാണിക്കുന്നു അന്യത്തിന് നന്നു പറയാൻ പറ്റും അന്യ ഇല്ലെങ്കിൽ ഉള്ളതുകൊണ്ടല്ലേ നാ എന്ന് പറയുന്നു അന്യത്തെക്കുറിച്ചുള്ള ബോധം എവിടെ ശേഷിക്കുന്നോണ്ടാ പറയുന്നത് അന്യനാണ് അന്യത്തെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ നിഷേധിക്കാൻ പറ്റും എവിടെയെങ്കിലും അസ്തിത്വത്തെ സ്വീകരിക്കുമ്പോഴാണ് അതിനെ നിഷേധിക്കാൻ പറ്റുന്നത് ഇവിടെ സുഷൃത്തി സ്വപ്നമില്ല എന്ന് പറയുന്നു സ്വപ്നത്തിനൊരു അസ്തിത്വമുണ്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നു അതൊരനുഭവ വിഷയമാണ് അതുകൊണ്ടാണ് നിഷേധിക്കാൻ പറ്റുന്നു ഇവിടെ പറയുന്നു ദർശനം ഒന്നുമില്ല അവിടെ അങ്ങനെയാണെങ്കിൽ പിന്നെ എത്ര എന്നിങ്ങനെ പറയാൻ പറ്റും അന്യെന്ന പശ്യതി പറയുന്നു ഞങ്ങളിതൊക്കെ എവിടെ കാണുന്നു ഞാനിവിടെ ഇവിടെ എവിടെ ഇവിടെ എവിടെയാണ് കാണുന്നത് എന്താ ഈ ദേശത്താണോ ഈ കാലത്തിലാണോ എവിടെ കാണുന്നത് അവസാനം പറയേണ്ടി വരും അങ്ങനെ ചിന്തിച്ച് അവസാനം പറയേണ്ടി ഇതെല്ലാം കാണുന്നത് ഈ ജാഗ്ര പ്രജ്ഞയിലാണ് എത്ര അന്യത് പശിതി ഈ ജാഗ്രത് പ്രജ്ഞയിൽ ഇതെല്ലാം കാണുന്നു പ്രജ്ഞയിലാണ് ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാഗ്രത് പ്രജ്ഞ എന്ന് പറയുന്ന ഒരു ആധാനം അവിടെയുണ്ട് ഇനി ഭൂമാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എത്ര എന്നെങ്ങനെ പ്രയോഗിക്കാൻ പറ്റും അവിടെ ഈ ജാഗ്രത് പ്രജ്ഞയുണ്ടോ ഇല്ലല്ലോ ജാഗ്രത പ്രതിജ്ഞയുണ്ടെങ്കിൽ ഈ ജാഗ്ര നാമരൂപങ്ങളെല്ലാം അവിടെ കാണുന്നു പിന്നെ ഇവിടെ എങ്ങനെയാണ് എത്ര എന്ന് പറഞ്ഞു ജാഗ്രത പ്രജ്ഞത് പശിതി എന്ന് അങ്ങനെ പറയാൻ പറ്റും എന്താ ഇവിടെ ഇരുന്നോണ്ട് ഇപ്പോൾ പറയാൻ പറ്റും അന്യത് പശിതിന്ന് സാധ്യമല്ല ഇവിടെ എല്ലാം കാണുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമാവിൽ എങ്ങനെയാണ് അന്യത് പശിതി എന്ന് പറയാൻ അന്യത്തിനെ കുറിച്ചുള്ള ബോധം വേണ്ടേ അല്ലാതെ അന്യത്തിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും ഒന്നിനെ അറിയാതെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ അസംബന്ധമാണോ ഇതിജ വിശേഷന് അനർത്ഥകേസ് യാതാവിധിജ് നിങ്ങളീ പറഞ്ഞു പറഞ്ഞു വരുന്നതൊക്കെ വെറും അബദ്ധമാണോ ബോധ്യം വരാത്ത കാര്യങ്ങളാണോ ഇതിനെങ്കിലും ഒന്നിനെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ബുദ്ധിക്ക് ബോധ്യമല്ല കേവലം വിശ്വാസത്തിലെ ഏതുവരെ എത്ര വരെ സ്വീകരിക്കും അത് സാധ്യമല്ലല്ലോ ദൃശ്യദേഹി ലോകത്രീ ഗ്രഹേ അന്യന പശ്യതി കുത്തി സമ്പാദിയും ആത്മാനന്ദ്രന പശ്യതീതി ഗമ്യത പറയുന്നു ലോകത്തിൽ ഒരു മീറ്ററിൽ അകത്ത് പോയി നോക്കിട്ട് പറയുന്നു ശൂന്യഗൃഹി അന്യ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അൻറെ അർത്ഥം ആ വീട്ടിൽ വീട്ടിൽ സമ്മാനങ്ങളൊന്നും ഇല്ലെന്നാണ് അവിടെ കട്ടിലില്ല മേശയില്ല കസേലില്ല ഇതൊക്കെ ഇല്ലെന്ന് പറയുന്നു ആ മുറി അങ്ങനെ നിലനിൽക്കുന്നതിനാവശ്യമുള്ള സാധനങ്ങളില്ലെന്ന് പറയുന്നു തൂണില്ലെന്ന് പറയുന്നുണ്ടോ തമ്മുറിക്കകത്തേക്കല്ലേ താണില്ലെന്ന് പറയുന്നുണ്ടോ അന്യന പശ്യീ ത്യുക്തേ എന്തിനേക്ക് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു ആ വീട്ടിന് താങ്ങുന്ന തൂണ് തുടങ്ങിയവ ആത്മാനം കാണുന്നവൻ പശ്യതി അങ്ങനെ ഇല്ല എന്നല്ല പറയുന്നത് അല്ല എവിടെയെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നിടത്തും ഒന്നിനെ അംഗീകരിക്കുന്നുണ്ട് അതുപോലെ അതുപോലെ ഇവിടെയാകാം ഭൂമാനാന്യ പശ്യതി എന്ന് പറയുമ്പോൾ അവിടെ വേറെ എന്തൊക്കെ ഉണ്ട് അതിനീകരിക്കുന്നു എന്നാണെങ്കിലോ അതല്ല ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചാണ് സദേവസ്വം ഗ്രാത്തി ഏകമയവാദി അതിഥിയും സത്വം അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ആ സംസ്കാരത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ വീണ്ടും ശിഷ്യൻ ചോദ്യങ്ങളെ കൊണ്ടുവരികയാണ് തത്വമസിയിൽ പറഞ്ഞ സമാധാനങ്ങളാണ് ഇതിനും സമാധാനം എന്ന് പറഞ്ഞ് തത്വത്തെ അടുത്ത് വീണ്ടും ഉടൻ സ്ഥിരീകരിക്കുകയാണ്